വേദക്കാരിലുണ്ട് നിങ്ങൾ ഒരു വലിയ നിധി അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നവർ എന്നാൽ അവരിൽ ചിലരുണ്ട് നിങ്ങൾ ഒരു ദീനാർ ഏൽപ്പിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നി നിർബന്ധം പിടിച്ചില്ലെങ്കിൽ അത് തിരിച്ചു നൽകാത്തവർ അക്ഷരജ്ഞാനമില്ലാത്തവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല എന്നവർ പറഞ്ഞതുകൊണ്ടാണത് അവർ അല്ലാഹുസുബാനഹുവ തായാലയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടുതന്നെ കള്ളം പറയുന്നു